യെല്ലാം ഉത്സാഹിപ്പിക്കുന്ന ദൈവവചനങ്ങൾ നമുക്ക് കേൾപ്പിക്കുവാനായിട്ട് കേൾക്കുവാനായിട്ട് ഇടയായി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭൗതികമായ പല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പ്രത്യേകിച്ച് പലരും പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു സമയത്തും നമുക്ക് ഓർക്കുവാനും നമുക്ക് ദൈവത്തിനെ നന്ദി ദൈവത്തിൻ്റെ സ്നേഹത്തെ അയവിറക്കുവാനുമൊക്കെ നമുക്ക് നല്ലൊരവസരമാണ് കർത്താവ് അവൻ നമ്മുടെ ഒട്ടും പ്രതീക്ഷയ്ക്കും തോന്നാത്ത ഒരു പ്രതീക്ഷയ്ക്കും ഇടമില്ലാത്തയിടത്ത് അവിടെ നിന്ന് അവിടെ ഒരു പ്രതീക്ഷ ഉളവാക്കുന്നു അതാണ് പ്രത്യാശ എന്ന് നാം കേൾക്കുകയുണ്ടായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലതരത്തിലുള്ള ആഘോ താഴ്വരകൾ പല ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ മുമ്പോട്ട് വഴികളെ തുറക്കുന്ന മുമ്പോട്ട് വഴികളെ കാണിച്ചു ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസകരമാണ് എത്ര ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ് നമ്മൾ പലർക്കും നമ്മൾ പല വർഷങ്ങളായിട്ട് ദൈവവചനം ഇവിടെ ചിലപ്പോൾ ഈ ഭൗതികമായ സാഹചര്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് അതേ മുമ്പോട്ട് ഞാൻ ഇവിടെ നിരാശപ്പെട്ടു പോകുന്നില്ല നമ്മുടെ പല സഹോദരങ്ങളും പലരും രോഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ മധ്യത്തിലും അവരുടെ ഉള്ളത്തിൽ അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്നെ വിളിച്ച ദൈവവും അവിടുന്ന് വിശ്വസ്തനാണ് ഇതിൻ്റെ മധ്യത്തിലും കർത്താവിനെ ഞാൻ പിൻപറ്റുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന പലരുമുണ്ട ദൈവം അവരെ സഹായിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരും നമ്മിൽ പലർക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മുടെ ആത്മീയമായ പരാജയങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ഗോലിയാത്തിനെപ്പോലെ ഒരു മല്ലിനെ പോലെ ഏതെങ്കിലും ചില പാപങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ സമയത്തൊക്കെ ഒരു ഒരു മുമ്പോട്ട് പോകുവാനൊരു ഒരു പ്രത്യാശയില്ല എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റം സംഭവിക്കുമോ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യം ചെയ്യുവാനായിട്ട് കഴിയുമോ നമ്മളിങ്ങനെ ഇങ്ങനെയൊരു വാക്യമുണ്ടല്ലോ എ രമ്യാവിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് രമ്യാവ് പതിമൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് അതിങ്ങനെയാണ് കൂശന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ അപ്പോൾ അത് അസാധ്യമായിട്ട് സാധിക്കില്ല അതായത് ഒരു ഒരു മനുഷ്യൻ ഒരു പ്രത്യേക ട്രൈബിലുള്ള ഒരു പ്രത്യേക മനുഷ്യൻ അവന് അവൻ്റെ സ്കിന്നിൻ്റെ കളറ് ഞാനിപ്പോൾ ഞാൻ ഇപ്പം ഇന്ത്യക്കാരനായിട്ടാണ് ജനിച്ചത് എൻ്റെ എൻ്റെ സ്കിന്നിങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു നീഗ്രോയുടെ സ്കിൻ അങ്ങനെയാണ് അത് മാറ്റാൻ കഴിയുമോ അങ്ങനെ മാറ്റാൻ കഴിയില്ല പുള്ളി പുലിക്ക് അവൻ്റെ പുള്ളി പുള്ളിയായിട്ടാണ് തൊലിയുള്ളത് അത് മാറ്റാൻ കഴിയുമോ അപ്പോൾ എന്നിട്ട് ചോദിച്ചിട്ട് അവിടെ മലയാളത്തിൽ പറയുന്നത് എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും അപ്പോൾ നമ്മുടെ ജീ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ ഇന്നത്തെ പരാജയങ്ങളിൽ എനിക്ക് പറ്റില്ല എന്ന് കഴിയുന്ന സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എനിക്ക് കഴിയും എന്ന് എനിക്ക് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കാനായിട്ട് കഴിയും അപ്പോൾ ബ്രദറ് നേരത്തെ അവസാനം വായിച്ച് പറ അവസാനിപ്പിച്ചപ്പോഴും നമ്മളിൽ ഈ പ്രത്യാശയുള്ളവൻ നമ്മെ പോലെ തന്നെ അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് ഒന്ന് യോ ഹനയിൽ നിന്ന് വായിക്കുകയുണ്ടായല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ റോമാലേഖനം നാലാമധ്യായത്തിൽ നിന്ന് ബ്രദറെ പരാമർശിച്ചു എബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞു അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയും അവിടെയും എബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം കൊടുത്തു പക്ഷേ തനിക്ക് ഈ പ്രായമായി തനിക്ക് പുത്രോത്പാദനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു സാറേക്കും അവിടെ ഒരു ജീവനുണ്ടാകുമെന്ന ജീവൻ്റെ തുടിപ്പിൻ്റെ യാതൊരു സാധ്യതയുമില്ല അതിൻ്റെ മധ്യത്തിൽ ആശയ്ക്ക് വിരോധമായി ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മുടെ ആത്മീയമായ ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എൻ്റെ മുറുമുറക്കുന്ന സ്വഭാവത്തിൽ നിന്ന് എൻ്റെ എൻ്റെ വായെ നാവിനെ നിയന്ത്രിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പറ്റുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ പരാജയപ്പെട്ടു പോകുന്നു പക്ഷേ എന്നെക്കൊണ്ട് എനിക്ക് കഴിയില്ല എൻ്റെ ഇത് ഇത് നിറം എങ്ങനെയാണ് സ്വ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ജനിച്ചതിങ്ങനെയാണ് എൻ്റെ ഇങ്ങനെയാണ് എന്നെക്കൊണ്ട് മാറ്റാൻ മാറാൻ കഴിയില്ല അല്ലെങ്കിൽ അത് ഏതെങ്കിലും പഴയകാലത്തെ അനേക പരാജയങ്ങളുടെ അനേക തരത്തിൽ ഞാൻ ഏതെങ്കിലും പാപത്തിൽ ഞാൻ ഇടപെട്ട് മുമ്പോട്ട് പോയതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ വീണ്ടും എൻ്റെ ചിന്തയിലാകട്ടെ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളിലാകട്ടെ ഉള്ള ഒരു തെറ്റായ പാറ്റേൺ ഒരു തെറ്റായ ശൈലി തെറ്റായ ഒരു ശീലം എന്നെക്കൊണ്ട് കഴിയില്ല എനിക്ക് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുന്ന കർത്താവ് അവിടുന്ന് പറയുന്നു റോമലേഖനം ആറിൻ്റെ പതിനാല് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ കർത്താവെ അങ്ങനെയാണ് അങ്ങയുടെ വാഗ്ദത്വം പറയുന്നത് അങ്ങയുടെ വാഗ്ദത്വം അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ മാറാനായിട്ട് കഴിയും അങ്ങ് കർത്താവെ എൻ്റെ സ്വാഭാവികമായിട്ട് എൻ്റെ ഈ തൊലിക്ക് മാറാൻ പറ്റില്ല എൻ്റെ ഈ നിറത്തിന് മാറാൻ പറ്റില്ല എന്നാൽ അങ്ങയുടെ വാഗ്ദത്വം അങ്ങനെയാണ് അത് എന്നിൽ സംഭവിക്കും അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ നാം വീണുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇതൊരു മല്ലനെപ്പോലെ നിൽക്കുന്നു എനിക്ക് പ്രതീക്ഷയുടെ യാതൊരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഓ ഇതൊക്കെ അങ്ങനെയാണ് അങ്ങനെ പറ്റില്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒരു നിരാശയിലും ഒരുതരം അവിശ്വാസത്തിലും ഞാൻ ഇരിക്കാതെ ഞാൻ നിരാശയെക്കുറിച്ച് ഒരു ദേവഭക്തൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ വെപ്പൺ ആണ് ഡിസ്കറേജ്മെന്റ് മാസ്റ്റർ വെപ്പൺ ഒത്തിരി ആയുധങ്ങളുണ്ട് അവൻ്റെ പണിപ്പുരയിൽ പക്ഷേ ഒരു വ്യക്തിയെ പിന്നെ മുമ്പോട്ട് പോകാതെ അവനെ തടഞ്ഞ് ആത്മീയവുമായിട്ടും ഭൗതികവുമായിട്ടും ഒക്കെ അവനെ തളർത്തി കളയുന്ന ഏറ്റവും മാസ്റ്റർ വെപ്പൺ എന്ന് പറയുന്നത് നിരാശയാണ് ഡിസ്കറേജ്മെന്റ് അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമുക്ക് പ്രത്യാശയുടെ ഒരു വാതിൽ നമുക്ക് തുറന്ന് നൽകുകയാണ് അങ്ങനെയല്ല അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു വാക്യവും കൂടെ ബ്രദർ അത് പരാമർശിച്ചു എന്നാൽ എബ്രാഹിം ലേഖനം ആറാം അധ്യായത്തിലെ ഈ വാക്യവും കൂടെ നമുക്ക് നോക്കാം എബ്രാഹിം ലേഖനം ആറാം അധ്യായം അവിടെ വീണ്ടും അവിടെ അബ്രാഹിമിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പതിമൂന്നാം വാക്യം മുതൽ നാം വായിക്കുന്നത് ദൈവം അബ്രാഹിമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ നമ്മൾ എബ്രാഹിം ലേഖന മാറാം അധ്യായം നിങ്ങൾക്കറിയാം തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ ഈ അടിസ്ഥാനങ്ങളെ വിട്ടിട്ട് നമ്മൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ തൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം ലേഖന മാറാം അധ്യായം തുടങ്ങുന്നത് എന്നിട്ട് ഇവിടെ ഇതാ എബ്രാഹിം ലേഖന മാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ദൈവം എബ്രാഹിമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് സത്യം ചെയ്യുവാനില്ലാതിരുന്നതുകൊണ്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ നിന്നെ അനു ഐ വിൽ ബ്ലസ് യു ആൻഡ് ഐ വിൽ മൾട്ടിപ്ലൈ യു അപ്പോൾ ഇത് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്താണ് എബ്രാഹിനോട് പറയുന്നത് തനിക്ക് മക്കളില്ല തനിക്ക് അങ്ങനെ മക്കളുണ്ടാകുന്ന യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവം അവന് വാഗ്ദത്വം കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പതിനഞ്ചാമത്തെ വാക്ക് പറയുന്നത് അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്വ വിഷയം പ്രാപിച്ചു അപ്പോൾ നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട് ദൈവം ഉവെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതൊരു പ്രത്യാശയോടെ ദീർഘക്ഷമയോടെ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ സ്വായത്തമാക്കാനായിട്ട് നമുക്ക് കഴിയാതെ നമ്മൾ പെട്ടെന്ന് അങ്ങ് വിട്ടു പോവുകയാണ് നമ്മൾ നിരാശപ്പെട്ട് നമ്മൾ പിന്മാറിപ്പോകുന്നു അങ്ങനെ പിന്മാറി പോകരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നു ദൈവം എന്നിട്ട് അങ്ങനെ നമുക്കിങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വാഗ്ദത്തിൽ മുറുകെ പിടിച്ച് നമ്മൾ വിട്ടുകളയാൻ നമ്മളൊട്ട് തയ്യാറുമല്ല കർത്താവെ നീ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇത് ആഘോ താരുടെ പോലെ തോന്നുന്നു ഇവിടുന്ന് ഒരു ഒരു വറ്റിപ്പോയ അവസ്ഥയാണ് ഒരു സാധ്യതയും എനിക്ക് തോന്നുന്നില്ല ജീവൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴും കർത്താവെ ഞാൻ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മുറുകെ പിടിക്കും അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ അവസാനം നോക്കുക പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പതിനെട്ടും ഇരുപതും അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും അപ്പോ ദൈവം വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ പ്രത്യാശയോടെ നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് തന്നെ ചെയ്യുന്നു നാം മാറിപ്പോകുന്നില്ല ഞാനത് വിട്ട് കളയുന്നില്ല കർത്താവെ ഞാൻ ഇവിടെ നിരാശപ്പെട്ട് ഇതങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് വിട്ടുകളയുന്നില്ല ഞാൻ മാറിപ്പോകാതെ അങ്ങയുടെ അടുക്കൽ ശരണത്തിനായിട്ട് ഞാൻ വരുന്നു അപ്പോൾ ഇതൊരു കാര്യം ഏഹ് ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് അപ്പം ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൽ പ്രത്യാശയോടെ മുറുകെ പിടിച്ച് മാറിപ്പോകാതെ ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു പിന്നെ വാഗ്ദത്വം പറഞ്ഞത് ആരാണ് ദൈവം അല്ലേ വാഗ്ദത്വം പറഞ്ഞേ എന്നിട്ട് അവിടെ പറയുന്നു ദൈവത്തിന് പോഷ്കു പറയാ പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ അപ്പം എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവവാക്തത്വം പറഞ്ഞ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ ശരണത്തിനായി ഓടിച്ചെന്ന് ഞാൻ മാറിപ്പോകാതെ ദൈവത്തെ മുറുകെ പിടിക്കുന്നു രണ്ടാമത്തെ കാര്യം ദൈവത്തിന് പോഷ്കു പറയാൻ പറ്റില്ല ദൈവം പറയുന്നത് സത്യമാണ് ദൈവത്തിന് പോഷ്കു പറയാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാൽ നമുക്ക് ശക്തി ുള്ള പ്രബോധനം നമുക്ക് പ്രാപിക്കുവാൻ ഇടവരുന്നു എന്നിട്ട് പറയുന്നു പത്തൊമ്പതാം വാക്യം ആ പ്രത്യാശ ഈ പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ ഉറപ്പു നൽകുന്ന നിശ്ചയം നൽകുന്ന അവിടുന്ന് വാഗ്ദത്വം പറഞ്ഞിട്ടുണ്ട് അവന് ദൈവം പോഷ്ക്ക് പറയുകയില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും അങ്ങനെ ഞാൻ നിൻ്റെ ജീവിതത്തിലെ വ്യത്യാസം വരുത്തുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പോഷ്ക്ക് പറയില്ല കർത്താവ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലും എൻ്റെ ജീവിതത്തിൽ ഞാനിത് കണ്ട് ഞാൻ നിരാശപ്പെട്ട് ഞാൻ പിന്മാറിപ്പോവുകയില്ല ഞാൻ ശരണത്തിനായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ വന്ന് ഞാൻ മാറിപ്പോകാതെ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലും അതുകൊണ്ട് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം നമുക്ക് പ്രിയ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ നമ്മൾ കാറ്റിലും കോളിലും ആടി ഉലഞ്ഞു പോകുന്ന ഒരു നങ്കൂരമില്ലാത്ത ഒരു ബോട്ടിനെ പോലെയോ കപ്പലിനെ പോലെയാകരുത് നമുക്ക് ഒരു നങ്കൂരം നമുക്കുണ്ട് നമുക്കൊരു പ്രത്യാശ നമുക്കുണ്ട് നമുക്ക് നങ്കൂരം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് അവിടുന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പോഷ്ക്ക് പറയില്ല അത് മാത്രമല്ല ഞാൻ ആ കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ ശരണത്തിനായിട്ട് ഞാൻ ഓടിച്ചെല്ലും ഞാൻ നിരാശപ്പെട്ട് ഞാൻ ഒന്നേ അങ്ങനെ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നിരാശപ്പെട്ട് ഞാൻ പിന്മാറി പോവുകയില്ല അങ്ങനെ എനിക്ക് ശക്തിയുള്ള പ്രബോധനവും ആത്മാവിനൊരു നങ്കൂരവും എനിക്കുണ്ടാവും അത് മാത്രമല്ല അതുകൊണ്ട് അത് നിശ്ചയവും അവിടെ ആ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നോക്കുക ആത്മാവിന്റെ നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു ഏ അത് നിശ്ചയമാണ് അത് സ്ഥിരമാണ് അത് തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതാണ് അത് എന്താ ഈ തിരശ്ശീലയ്ക്ക് നമ്മൾ ഈ കേൾക്കുന്ന ഇവിടെ കേൾക്കുന്ന ഈ പുതിയ നിയമജീവൻ നമ്മൾ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് സ്വയജീവൻ്റെ മരണത്തിനപ്പുറത്ത് കർത്താവിനെ പിൻപറ്റുന്ന എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് കർത്താവിനെ പിൻപറ്റുന്ന ഒരു ജീവിതം അത് അവിടേക്ക് യേശു മൽക്കിസിദിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മരഹ മഹാപുരോഹിതനായി നമുക്ക് മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു യേശു നമുക്ക് ഒരു മുന്നോടിയായി മുൻപേ ഈ വഴിയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നിശ്ചയത്തോടെ സ്ഥിരതയോടെ ഈ ആത്മാവിൽ ഈ നങ്കൂരമുള്ളവരായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഓടിച്ചല്ല നമുക്ക് എത്ര എത്ര ഉത്സാഹം പകരുന്നതാണ് നമ്മളിന്ന് ഒരു നമ്മുടെ ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റ് ആരോ ഒരാൾ വാക്യം പറഞ്ഞു വാക്യം പറഞ്ഞത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഗീതങ്ങളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമുക്ക് തുല്യനായി അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്യാത്ത നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്ന നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലുവാനായിട്ട് കഴിയും നാം ഉള്ളത്തിൽ മടുത്ത് ക്ഷീണിച്ച് നിരാശപ്പെട്ട് നാം പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു നങ്കൂരമുള്ളവരാണ് ആത്മാവിൽ നങ്കൂരമുള്ളവരായി നിശ്ചയത്തോടെ സ്ഥിരതയോടെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ കാണുന്നില്ല എന്നാൽ കർത്താവെ എൻ്റെ ജീവിതത്തെ അങ്ങ് മാറ്റും കർത്താവെ എനിക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ തൊക്കിൻ്റെ നിറം മാറുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ കർത്താവെ അങ്ങേക്കത് കഴിയും എൻ്റെ ജീവിതത്തിൽ ഇന്നൊരിക്കലും ഞാൻ കാണാത്ത എന്നെ എനിക്ക് എൻ്റെ പ്രത്യാശ എനിക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു തോന്നുന്നു ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഇതിൽ പരാജയപ്പെടുന്നു എന്നാൽ കർത്താവെ അങ്ങയുടെ വാഗ്ദത്വം അങ്ങേക്ക് പോഷ്ക്ക് പറയുവാൻ കഴിയുകയില്ല അങ്ങ് അടടുക്കൽ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു ഞാൻ അങ്ങേ വിട്ടു പോവുകയില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇത് ചെയ്യും ആശയ്ക്ക് വിരോധമായി ആശിയോടെ വിശ്വസിച്ച് എബ്രഹാമിനെ പോലെ ജീവന്റെ യാതൊരു തുടിപ്പും ഞാൻ കാണാതിരിക്കുമ്പോഴും ഞാനെങ്കിൽ വിശ്വസിക്കുന്നു നമ്മുടെ ചുറ്റിനുമുള്ള ക്രിസ്ത്യ ലോകം ഇന്ന് അവര് ബൈക്കുള്ള ഒരു കാറിന് വേണ്ടിയും കാറുള്ള ഒരു വലിയ വണ്ടിക്ക് വേണ്ടിയും വീടില്ലാത്ത വലിയ വീടിനു വേണ്ടിയും ചെറിയ വീടുള്ള വലിയ ബംഗ്ലാവിന് വേണ്ടിയും ഈ തരത്തിൽ അവരൊരുതരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവര് അവരാശിക്കുന്നത് എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് അങ്ങിൽ ചാരിക്കൊണ്ട് എനിക്ക് പാട്ട് എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും അങ്ങ് ഒരു വാതിൽ തുറക്കുന്നവനാണ് അങ്ങ് പ്രത്യാശയുടെ വാതിൽ അങ്ങ് തുറക്കുന്നവനാണ് കർത്താവെ ഹാലേലൂയ ഹാലയിലൂയ ആ ഉറപ്പോടെ നമ്മുടെ ആത്മികവും ഭൗതികവുമായ കാര്യങ്ങളിൽ നമുക്ക് കർത്താവിൽ ചാരാൻ പ്രിയമുള്ളവരെ നിരാശയ്ക്ക് നമുക്ക് ഇടം കൊടുക്കാതെ നമുക്ക് ഈ വഴിയിൽ മുമ്പോട്ട് പോകാം ദൈവം എന്നെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കണം